നിങ്ങളുടെ കൈകൾ തടഞ്ഞുവെക്കണമെന്നും നമസ്കാരം നിലനിർത്തണമെന്നും ജക്കാത്ത് നൽകണമെന്നും പറയപ്പെട്ടവരെ നിങ്ങൾ കണ്ടില്ലേ എന്നാൽ യുദ്ധം അവർക്ക് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ അവരിലൊരു വിഭാഗം മനുഷ്യരെ ഭയപ്പെട്ടു അല്ലാഹു സുബാനുഹൂവത്തായാലായേ ഭയക്കുന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവർ പറഞ്ഞു ഞങ്ങളുടെ രക്ഷിതാവേ എന്തിനാണ് യുദ്ധം ഞങ്ങൾക്ക് നിർബന്ധമാക്കിയത് അടുത്ത കാലത്തേക്ക് ഞങ്ങൾ ഇനി വൈകിപ്പിക്കാമായിരുന്നില്ലേ പറയുക ദുനിയാവിന്റെ സുഖങ്ങൾ കുറവാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് പരലോകമാണ് ഏറ്റവും ഉത്തമം നിങ്ങൾക്ക് ഒരു നൂൾത്തുമ്പ് പോലും നഷ്ടം വരുത്തപ്പെടുകയില്ല